നരകവാസികൾ സ്വർഗ്ഗവാസികളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്കൽപ്പം വെള്ളമോ അല്ലെങ്കിൽ അള്ളാഹുസുബഹാനഹുവറ്റായ നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്നോ ഞങ്ങൾക്ക് നൽകിയാലും അവർ പറഞ്ഞു തീർച്ചയായും അള്ളാഹുസുബഹാനുഹൂവറ്റായ ഇവ രണ്ടും സത്യനിഷേധികൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു